നിത്യോത്സവം നിശ്രീ നിത്യമംഗളം എന്ളാ തന്നോഹരി പാർട്ടോ ഭഗവത സ്വയം വ്യാസന ഗ്രഥിത പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണവ അഷ്ടധ്യംബ വാമനുസന്ദി ഭഗവത്ഗീതീ നമോസ്തു വ്യാസവിശാലുദ്ധേ ഫുല്ല പത്രേത്രയാ ഭാരതൈലപൂർണ പ്രജ്വാലി ജാനമയ പ്രദീപ प्रपन्न പ്രിജത്രേത്രൈകമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേനോപനിഷദോ ഗാവോ ദുധോനന്ദന പാർോ വത്സുധീർഭോക്തം ഗീതമൃതം മഹത് देवं। കംസചാണൂരമർ ദകീ പരമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു മൂക്കം കരോതി വാചാ പങ്കും ലംഘയത്തെ ഗിരി യത്കൃപാഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രദ്രമരുത സ്തുവ്യൈ സ്തൈ േൈസക്മോപനിഷേ ഗായ ധ്യാസ്ഗത്തെ മനസാ പശ്യന്തിയോ യം ന വിദുസുരാഗണ തസ്മൈ നമ പാർത്തസാരതിരുൂപേണാവയുഭിരും പാർത്ത ആർത്തിഹരോ ദ കൃപമൂർത്തിനോക്തം യപസാോകമഹേശ്വരം സുഹൃദം സർവൂ മാം ശാന്മൃച്ഛച്ഛച്ഛച്ഛച്ഛതി Thank <laughs> you. അഞ്ചാമത്തെ അധ്യായത്തില് സകല ദുഃഖത്തിനും മൂലകാരണം മനസ്സാണ് എന്ന് ഭഗവാൻ സ്ഥാപിച്ചിട്ട് മനസ്സിനെ ആത്മജ്ഞാനം കൊണ്ട് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞു ജ്ഞാനം എല്ലാവർക്കും സിദ്ധമായിട്ടുള്ളതാണ് പക്ഷെ സൂര്യനെ അല്പം മേഘം മറയ്ക്കുന്ന പോലെ ഒരു അജ്ഞാനത്തിന്റെ മറ അവിടെ ഉണ്ട് അതങ്ങട് നീക്കം ചെയ്യാനേനതു തദ്ജ്ഞാനം ഏഷാം നാശിതം ആത്മനഹം തേശാം ആദിത്യവത് ജ്ഞാനം പ്രകാശയതി തത്പരം ശ്രവണജ്ഞാനം കൊണ്ട് ഈ അജ്ഞാനത്തിന്റെ മറയെ നീക്കണം അപ്പൊ ആത്മജ്ഞാനം പ്രകാശിക്കും ശ്രവണജ്ഞാനം നമ്മളിപ്പോ കേൾക്കണമല്ലോ ഇത് കേൾക്കുംതോറും കുറച്ചു കുറച്ചു കുറച്ചായിട്ട് നമുക്ക് അന്തർവീക്ഷണം ഉണ്ടാവും അല്പഅല്പമായിട്ട് ഈ രാഗദ്വേഷങ്ങള് പൊലിഞ്ഞു പോകും അപ്പോ നമ്മളുടെ സ്വരൂപം തന്നെ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ സത്യവസ്തുവായി തെളിഞ്ഞു കിട്ടും അപ്പൊ അജ്ഞാനത്തിന്റെ മറ നീക്കുകയാണ് ജ്ഞാനേനതു തത് അങ്ങനെ നീങ്ങുമ്പോ സൂര്യനെ പോലെ ഉള്ളിലെ ആത്മജ്ഞാനം ഉദിക്കുന്നു സൂര്യൻ പ്രകാശിക്കുന്ന പോലെ ഒരിക്കൽ പ്രകാശിച്ച പ്രകാശിച്ചു എന്നാണ് പിന്നെ അസ്തമനമില്ല ഒരിക്കൽ ഈ വസ്തുസ്ഥിതി കണ്ടു കഴിഞ്ഞാൽ പിന്നീടത് മറന്നു കളയാൻ ഒരിക്കലും സാധ്യമല്ല ഈ ആത്മജ്ഞാനം തെളിഞ്ഞിട്ടുള്ള ആള് ഇവിടെ തന്നെ ശരീരത്തിലിരിക്കുമ്പോ ഇഹൈവ തൈർജിത സർഗ്യവിടെ തന്നെ അവരാൽ സർഗം സൃഷ്ടി ജയിക്കപ്പെട്ടിരിക്കുന്നു സൃഷ്ടിന്ന് വച്ചാ മനസ്സ് തന്നെ സൃഷ്ടി നിരന്തര സൃഷ്ടി ചെയ്യുന്നത് ഈ മനസ്സ് തന്നെ ഈ മനസ്സ് ആരുടെ സാമ്യസ്ഥിതം സാമ്യാവസ്ഥയിൽ ഭഗവത് ദർശനം കൊണ്ട് ആത്മദർശനം കൊണ്ട് സമസ്ഥിതിയിലെത്തിയിരിക്കുന്നുവോ അവര് ശരീരത്തിലിരിക്കുമ്പോ തന്നെ സൃഷ്ടിയെ ജയിച്ചിരിക്കുന്നു എന്ന് ബ്രഹ്മസ്ഥിതിയെ പറഞ്ഞ് ആ സാമ്യസ്ഥിതി മനസ്സിനെ സമസ്ഥിതിയിൽ കൊണ്ടുവരാനായിട്ട് ഭഗവാനെ ധ്യാനിക്കണം ഭഗവത് ധ്യാനം ചെയ്യണം നമുക്ക് ഹൃദയത്തില് ആത്മാനുഭവം ഭഗവാന്റെ അനുഭവം ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ ധ്യാനം ഭക്തി തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ധ്യാനമാണ് ഭക്തി എന്ന് വെച്ചാൽ തന്നെ എന്താ അനുസന്ധാനമാണ് ഭക്തി പ്രേമമാണ് ഭക്തി ഭഗവാന്റെ അടുത്ത് ഏർപ്പെടുന്ന പ്രിയം പ്രിയം ധ്യാനമാണ് അപ്പൊ ആ ധ്യാനത്തിനെ പറയാനായിട്ട് ആറാമത്തെ അധ്യായം ആരംഭിക്കുന്നു ആദ്യത്തെ ശ്ലോകം നോക്കഴിഞ്ഞ അധ്യായത്തില് കർമ്മസന്യാസ യോഗം എന്നതിനൊരു പേരുണ്ട് അഞ്ചാമത്തെ അധ്യായത്തിന് ആറാമത്തെ അധ്യായം ആരംഭിക്കുമ്പോ തന്നെ യഥാർത്ഥ സന്യാസി ആരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭം സന്യാസം എന്നു വെച്ചാൽ ഉടനെ നമുക്ക് ഭയം തോന്നും ഭഗവത്ഗീത കേൾക്കാൻ പോയാൽ സന്യാസി ആവുമോ എന്നൊരു പേടി ഗീത പറഞ്ഞ കൃഷ്ണനും നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ സന്യാസിയല്ല ഗീത കേട്ട അർജുനൻ ആരംഭത്തില് ഞാൻ കാഷായ ഭിക്ഷ എടുക്കാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞു കൃഷ്ണൻ അതിന് വിട്ടില്ല പിടിച്ചു നിർത്തി അപ്പോ ബാഹ്യ സന്യാസമോ വേഷമോ പേരുമാറ്റലോ ഒന്നുമല്ല ഉദ്ദേശിക്കണത് ഈ ഗീതയുടെ അർത്ഥത്തിൽ പറയുന്ന സന്യാസം എല്ലർക്കും വേണ്ടതാണ് ഗൃഹസ്ഥന്മാരായാലും ശരി സന്യാസികളായാലും ശരി രാജാക്കന്മാരായാലും ശരി ഈ സന്യാസം ഉണ്ടെങ്കിൽ ശാന്തി മൃച്ചതി അപ്പോഴേ ശാന്തി ഉണ്ടാവുള്ളൂ പൂർണ്ണ തൃപ്തി ഉണ്ടാവുള്ളൂ അതാണ് ഭഗവാൻ അടുത്ത അധ്യായം ആരംഭിക്കുമ്പോ ഈ ഒരു വിഷയത്തോടു കൂടിയാണ് ആരംഭിക്കാൻ പോണത് കാണാം ശ്രീ ഭഗവാൻ कर्म कर्म കാര്യോ സസീ कर्म അനശ്രിത്മഫല कार्यम कर्म च च योगी न निरग्निहीन അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ് ഹേ ഭഗവാൻ സന്യാസിന്യാസി വെച്ചാൽ എന്താ അർത്ഥം കാഷായ കൊടുക്കണം കയ്യിൽ ദണ്ട് കമണ്ടലോ ഒക്കെ വെക്കണോ അഥവാ താടി നീട്ടി വളർത്തണോ അഥവാ പുറമേക്ക് തലമുടി വളർത്തണോ അല്ല തലമൊട്ടയടിക്കണം അല്ല ആശ്രമത്തിൽ വസിക്കണം എന്താ സന്യാസി വെച്ചാൽ എന്താ അതേപോലെ യോഗി എന്ന് പറയുന്ന ആളാര അതിന്റെ പൊരുൾ എന്താണ് അപ്പോ അതിനുത്തരമായിട്ട് ഭഗവാൻ പറയാണ് അർജുന സന്യാസിയും യോഗിയും ഒക്കെ ഒരേ ആള് തന്നെ പേര് വേറെ വേറെ വിളിക്കണു അത്രേയുള്ളൂ ആരാണ് സന്യാസി ആരാണ് യോഗി ഞാൻ പറഞ്ഞുതരാം ആശ്രയം നമ്മൾ ജീവിക്കുമ്പോ ലോകത്തിൽ ജീവിക്കുമ്പോ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് ആശ്രയമില്ലാതെ ജീവിക്കാൻ പറ്റില്ല പുറമേക്ക് വസ്തുക്കളെ വ്യവഹരിക്കണം വ്യവഹരിക്കുമ്പോ അനേക വസ്തുക്കളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് ഇപ്പൊ ഇലക്ട്രിസിറ്റിയെ ആശ്രയിച്ചിട്ടാണ് ഈ മൈക്ക് നിങ്ങളൊക്കെ പ്രഭാഷണം കേൾക്കാൻ വരും എന്ന് ആശ്രയിച്ചിട്ടാണ് ഞാൻ പറയാനിരിക്കുന്നത് ലോകത്തില് ആശ്രയം നമുക്ക് ശരീരത്തിനെ ആശ്രയിക്കുന്നു ലോകത്തിലുള്ള അനേക വസ്തുക്കളെ ആശ്രയിക്കുന്നു ഈ ആശ്രയമാണ് നമ്മളുടെ ദുഃഖത്തിനൊക്കെ മൂല കാരണം ആശ്രയം നമ്മൾ ആശ്രയിക്കുന്ന വസ്തു നമ്മളെ ഉപേക്ഷിച്ചു പോയാൽ നമ്മൾ ദുഃഖിക്കും അല്ലെ നമ്മൾ എന്തിനെ ആശ്രയിക്കണവോ അത് നമ്മൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ചു പോയാൽ ദുഃഖത്തിന് കാരണമാകും അപ്പോ സന്യാസത്തിന് ഭഗവാൻ കൊടുക്കുന്ന ഡെഫനിഷൻ കർമ്മഫലത്തിനെ ആശ്രയിക്കാത്തവൻ സന്യാസിയനാണ് കർമ്മം ചെയ്യാത്തവനല്ല കർമ്മത്തിന്റെ ഫലത്തിനെ ആശ്രയിക്കാതെ കർമ്മം ചെയ്യുന്നവൻ സന്യാസി അയാൾ കർമ്മ കർമ്മഫലം അയാൾക്ക് പ്രശ്നമല്ല കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും താൻ എന്ത് ചെയ്യണമോ അത് വീണ്ടും വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ ഫലത്തിനെ അയാൾക്ക് വിഷമില്ല പ്രതീക്ഷയില്ല കിട്ടിയാൽ ഒരുപാട് സന്തോഷമില്ല കിട്ടിയിട്ടില്ലെങ്കിൽ ദുഃഖവും അങ്ങനെ ആര് കാര്യം കർമ്മ കരൂത്തി ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മത്തിനെ ആര് ചെയ്യുന്നുവോ സസന്യാസി യോഗീച്ച് അങ്ങനെയുള്ള ആളാണ് സന്യാസി നിരഗ്നി അക്രിയ നിരഗ്നി എന്നിവിടെ ഭഗവാൻ ഒരു വാക്കുപയോഗിച്ചു അഗ്നി ഇല്ലാത്തവൻ എന്നാണ് നിരഗ്നി എന്ന് വച്ചാൽ എന്നുവെച്ചാൽ പഴയ കാലത്തൊക്കെ ബ്രാഹ്മണര് ദിവസം ബ്രഹ്മചാരികളാണെങ്കിൽ അഗ്നിയിൽ സമിതാധാനം ചെയ്യും ഗൃഹസ്ഥന്മാരാണെങ്കിൽ അഗ്നിയിൽ ഔപാസനം ചെയ്യും അഗ്നിഹോത്രണം നടത്തും ചിലര് അപൂർവം ചിലര് വൈശ്വദേവം എന്നൊരു കർമ്മം ചെയ്യും ഇതിനൊക്കെ അഗ്നി വീട്ടിലുണ്ടാവും ഔപാസനാഗ്നി വീട്ടിലുണ്ടാവും ആ അഗ്നിയെ കനല് മാത്രമായിട്ട് നിർത്തിക്കൊണ്ടേയിരിക്കും അതില് ദിവസം രാവിലെയും വൈകീട്ടും ക്രിയകള് നടത്തും ഈ അഗ്നി കൊണ്ട് തന്നെ ആ ബ്രാഹ്മണന്റെ ശരീരത്തിനെ അവസാനം ഇരിക്കുകയും ചെയ്യും ഇങ്ങനെ വേദകാലം തൊട്ട് അഗ്നിയെ വളർത്തി വരുന്ന ഒരു പരമ്പരയാണ് ഈ വൈദിക പരമ്പര സന്യാസം എടുക്കുമ്പോ ഈ അഗ്നിയെ തന്നിൽ ആരോപിച്ചു തന്നില് ആവാഹനം ചെയ്തു എന്നുള്ള പ്രതീകമായിട്ടാണ് അഗ്നിയുടെ കളറിലുള്ള വസ്ത്രം കൊടുക്കുന്നത് ഷായം ജ്ഞാനമാവുന്ന അഗ്നിയെ ഉള്ളിൽ ജ്വലിപ്പിച്ചിട്ട് പുറമേക്കുള്ള ഈ അഗ്നി കാര്യങ്ങളൊക്കെ നിർത്തും സന്യാസം അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അഗ്നി കൊണ്ട് എന്ത് നേടിയെടുക്കണമോ അത് നേടിയെടുത്തു കഴിഞ്ഞതുകൊണ്ട് അഗ്നി സ്വയമേവ ഉപേക്ഷിക്കപ്പെടുകയാണ് ഇത് കുറെ കാലം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ സന്യാസം എന്ന് വെച്ചാൽ എന്താ അഗ്നികാര്യമൊക്കെ നിർത്താം അഗ്നികാര്യമൊക്കെ നിർത്തിയാൽ സന്യാസമായി അതേപോലെ പുറമേക്കുള്ള വ്യവഹാരം സന്യാസിക്ക് പണം സമ്പാദിക്കാൻ വേണ്ടിയുള്ള ജോലി അല്ലെങ്കിൽ ഗൃഹസ്ഥന്മാരെ പോലെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് അപ്പൊ ആ പ്രവൃത്തിയൊന്നും ചെയ്യാതിരുന്നാൽ സന്യാസിയായി എന്നൊരു ധാരണ ഉണ്ട് ആളുകൾക്ക് അതുകൊണ്ട് അതല്ല സന്യാസം എന്ന ഡെഫിനേഷൻ ഭഗവാൻ കൊടുക്കുകയാണ് പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ പോലും കർമ്മം ചെയ്യുകയാണെങ്കിൽ പോലും കർമ്മത്തിന്റെ ഫലത്തിനെ അങ്ങോട്ട് ഉപേക്ഷിച്ചാൽ അയാൾ സന്യാസിയായി നടക്കണ പ്രവൃത്തി അതേപോലെ നടക്കട്ടെ പൂർവ്വം മുൻപ് പൂജയൊക്കെ ചെയ്തുകൊണ്ടിരുന്നുവെങ്കിൽ പൂജയൊക്കെ നടക്കട്ടെ അഗ്നികാര്യമൊക്കെ ചെയ്യുന്നുവെങ്കിൽ അഗ്നി കാര്യങ്ങളൊക്കെ നടക്കട്ടെ പക്ഷെ ഫലം കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും മനസ്സിൽ കൊതിയില്ല ശ്രദ്ധയില്ല ഫലത്തില് ശ്രദ്ധയില്ല ശ്രദ്ധ ആത്മാവിലേക്ക് തിരിഞ്ഞു അങ്ങനെയുള്ളവനാണ് സ സന്യാസി യോഗീച്ച് ന നിരഗ്നി ന ച അക്രിയഹ് അഗ്നിയെ ഉപേക്ഷിച്ചവനോ കർമ്മത്തിനെ ഉപേക്ഷിച്ചവനോ അല്ല സന്യാസിന്ന് സന്യാസിയുടെ ലക്ഷണവും യോഗിയുടെ ലക്ഷണവും ആശ്രയം പുറമേക്ക് ഒന്നിലും തന്നെ ഇല്ല യാജ്ഞവൽക്യൻ ബൃഹധാരണ്യകോപനിഷത്തിലും മൈത്രയ്യോട് പറഞ്ഞു തന്റെ ഭാര്യയായ മൈത്രയ്യോട് പറഞ്ഞു മൈത്രയി ഞാൻ തന്നെ ഉപേക്ഷിച്ച് ഇപ്പൊ പരിവ്രാജകനായി പുറപ്പെടുക അപ്പൊ മൈത്രയി ചോദിച്ചു എന്തിനാപ്പ എന്നെ ഉപേക്ഷിക്കണത് തന്നെ എനിക്കിപ്പോൾ ഉപേക്ഷിക്കണം എന്നാഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷെ നമുക്ക് വയസ്സായി കഴിഞ്ഞു ഇനിയും ഇങ്ങനെ ആശ്രയിച്ച് കരുതി കഴിഞ്ഞാൽ ഞാൻ തന്നെ ആശ്രയിക്കും താൻ എന്നെ ആശ്രയിക്കും ഈ ആശ്രയം കാരണം നമ്മളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചുപോയാൽ അത്യധികം ദുഃഖിക്കും മറ്റേ ആൾ ദുഃഖിക്കും അതുകൊണ്ട് സ്വയമേവ നമ്മൾ അങ്ങോട്ട് പിടിവിട്ടാൽ പരസ്പരം ഇനി ആ ദുഃഖം കൂടാതെ കഴിക്കാം എപ്പോഴാ നമ്മള് പരസ്പരം ഉപേക്ഷിക്കുക എന്നറിയില്ല നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിലും നമ്മൾ പിടിച്ചിരിക്കുന്ന വസ്തുക്കളൊക്കെ നമ്മളെ വിട്ടിട്ട് പോകും അപ്പൊ നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ സകല വസ്തുക്കളും നമ്മളെ പിടിവിടും അതുകൊണ്ട് ഉള്ളുകൊണ്ട് പിടിവിടുക അപ്പൊ പുറമേക്ക് ഉപേക്ഷിക്കണം എന്നല്ല ഉള്ളുകൊണ്ട് ആശ്രയിക്കാതായാൽ നോക്കണം നമ്മള് ലോകത്തില് നമ്മൾ ആശ്രയിക്കുന്ന വസ്തുക്കൾ നഷ്ടപ്പെട്ടാലേ കരയുള്ളൂ നമ്മളെ സംബന്ധിച്ച വസ്തുവിന് എന്തെങ്കിലും ആപത്ത് വന്നാൽ കരയും ഈ സുനാമി നടക്കുമ്പോൾ ഞാൻ മധുരയില് പ്രഭാഷണം ചെയ്യാം മധുരയില് പ്രഭാഷണം നടക്കുമ്പോഴാണ് ഈ സമുദ്രം മദ്രാസിലൊക്കെ കരക്ക് കയറിയത് കുറെ പേര് മരിച്ചതും ഒക്കെ ഈ ഇങ്ങനെ നാലുപേരായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ വന്നു പറഞ്ഞു സമുദ്രം കരക്ക് കയറി ഒരുപാട് പേര് മരിച്ചു ഭൂമികുലുക്കം ഇത് പറഞ്ഞതും അവിടെ ഒരാൾ നിലവിളിച്ചു അയ്യോ എവിടെ വെച്ചു മഡ്രാസ് മദ്രാസിലാണോ കുഴപ്പമില്ല ഞാൻ മധുരയിൽ വന്നു എന്ന് വിചാരിച്ചു നമ്മളുടെ അവിടെ വന്നാലാണോ കുഴപ്പം നമുക്ക് വന്നാൽ കുഴപ്പം ഏഹ് ശരീരത്തിനോ ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ബന്ധുക്കൾക്കോ എന്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവർക്കോ എന്തെങ്കിലും വന്നാലേ വിഷമയുള്ളൂ ബാക്കി എത്ര പേര് മരിച്ചാൽ എന്താ ആരും മരിച്ചാലെന്താ അപ്പോ ആശ്ര നേരെ മറിച്ച് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നവരാരെങ്കിലുമൊക്കെ മരിച്ചാൽ അത്യധികം ദുഃഖമായി അല്ലെ അപ്പൊ ദുഃഖത്തിന് കാരണം സംഭവമല്ല നമ്മളുടെ ആശ്രയമാണ് നമ്മൾ ഒന്നിലും ആശ്രയിച്ചിട്ടില്ലെങ്കിലോ യാതൊന്നും നമ്മളെ ദുഃഖിപ്പിക്കില്ല മിഥിലാനഗരി മുഴുവൻ തീപിടിച്ചപ്പോ ജനകൻ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഈ മിഥിലാനഗരിയോ എന്റെ ശരീരത്തിനെ തന്നെയോ ആശ്രയിച്ചിട്ടില്ല എന്റെ ശരീരമേ തീപിടിച്ചാലും ഈ മിഥിലാനഗരി മുഴുവനും തീപിടിച്ചാലും എനിക്ക് ദുഃഖിക്കാനൊന്നുമില്ല മിഥിലായാം പ്രദീപ്തായാം നമേ കിഞ്ചിത് പ്രണശ്യതി അനന്തം യസ്യമേ നാസ്തി കിഞ്ചന എനിക്ക് ലോകത്തിൽ ഞാൻ ആശ്രയിച്ചിട്ട ആശ്രയിക്കുന്നതായിട്ടുള്ള ഒരു വസ്തുവുമില്ല എന്തിനെങ്കിലും ആശ്രയിച്ചാൽ ആ വസ്തു നശിക്കും ഞാനും വീഴും മലയാളത്തിൽ ഒരാള് ബ്രഹ്മചാരി എന്നുള്ള പദത്തിന് മലയാളത്തിൽ അർത്ഥം പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അർത്ഥത്തിന് അർത്ഥം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ബ്രഹ്മചാരി എന്നുള്ള വാക്കിന് ബ്രഹ്മത്തിൽ മനസ്സ് ചരിക്കുന്നവനാണ് ബ്രഹ്മചാരി ബ്രഹ്മണി മനസഹാചാരം ബ്രഹ്മചര്യം അയാളെ അർത്ഥം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ചാരി നിൽക്കുന്നവൻ എന്താ ഇങ്ങനെയൊരു അർത്ഥം തോന്നും ബ്രഹ്മചാരി എന്നുള്ളതിന് ബ്രഹ്മത്തിൽ ചാരി നിൽക്കുന്നവൻ അതെന്താ ഈ ബ്രഹ്മത്തിൽ ചാരി നിൽക്കുക എന്നുവെച്ചാൽ ഈശ്വരനിൽ ചാരി നിൽക്കാൻ എന്തില് ചാരി നിന്നാലും അതും വീഴണു ഈ ചാരി നിൽക്കണവനും വീഴണു അപ്പൊ അവസാനം വീഴാത്തൊരു വസ്തു കണ്ടുപിടിച്ചു അത്രേ ചാരി നിൽക്കാനായിട്ട് അത് വീഴില്ല അപ്പൊ നമ്മളും വീഴില്ല ധൈര്യമായിട്ട് ചാരി നിൽക്കാം അങ്ങനെ ഒരു വസ്തുവേ ഉള്ളൂ ബ്രഹ്മം അതായത് അതിനെ ആശ്രയിക്കാം ബാക്കി യാതൊന്നും ആശ്രയിക്കാൻ അതൊക്കെ നമ്മളെ വിട്ടിട്ട് പോകും അപ്പൊ നമ്മൾ അത്യധികം ദുഃഖിക്കും അതേ പ്രത്യേകിച്ച് കർമ്മത്തിന്റെ ഫലം കർമ്മത്തിന്റെ ഫലം ഉപേക്ഷിക്കണം എന്നല്ല ഗീതയുടെ സിദ്ധാന്തം ജോലി ചെയ്തിട്ട് ശമ്പളം വാങ്ങണ്ട എന്നല്ല അല്ലെങ്കിൽ കൂലി വാങ്ങണ്ട എന്നല്ല അങ്ങനെയാണെങ്കിൽ ഭഗവാൻ അർജുനനോട് യുദ്ധം ചെയ്യാനേ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണോ വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യാൻ പറയോ അപ്പോ വാങ്ങിക്കേണ്ടെന്നോ പ്രവർത്തിക്കേണ്ടെന്നോ അല്ല മനസ്സ് കർമ്മത്തിന്റെ ഫലത്തിൽ കൊതി ഉണ്ടാക്കരുത് ഫലം കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിൽ അതല്ല നമ്മളുടെ പ്രവൃത്തിയില് ശ്രദ്ധ വെച്ചോള ഫലം ആശ്രയിച്ച് ജീവിക്കരുത് നമുക്ക് ഫലം കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മള് നമ്മളുടെ സമനില തെറ്റിക്കരുത് കർമ്മം ചെയ്യുന്നത് രണ്ടു കാരണത്തിന് വേണ്ടിയാവാം ഒന്ന് കർമ്മഫലം നേടിയെടുക്കാൻ മറ്റൊന്ന് നമ്മളുടെ കർമ്മവാസന ഇല്ലാതാക്കി ഉള്ളില് ശാന്തി നേടിയെടുക്കാൻ ഗീതയുടെ സിദ്ധാന്തം ഫലം നേടിയെടുക്കാനല്ല കർമ്മവാസനകളെ ഇല്ലാതാക്കി ശാന്തിയെ സ്ഥിരമാക്കാനായിട്ട് കർമ്മം ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ ഈ കർമ്മത്തിന് നമുക്ക് നമുക്ക് ആന്തരികമായി കിട്ടുന്ന ഈ ഫലം അനന്തമായിരിക്കും മറ്റേത് കർമ്മഫലം കിട്ടിയാൽ കുറച്ച് കഴിയുമ്പോ തീർന്നു പോകും കുറച്ച് കഴിയുമ്പോ നമുക്കത് നഷ്ടമാകും അതുകൊണ്ട് ശാന്തിയാവുന്ന ഫലം ആണ് നമുക്ക് ഉദ്ദേശമെങ്കിൽ അത് അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയഹ സ സന്യാസീച്ച യോഗീച്ച് അവൻ സന്യാസിയാണ് യോഗിയാണ് ന നിരഗ്നി നക്രിയ അഗ്നിയെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചവനുമല്ല കർമ്മത്തിന് ഉപേക്ഷിച്ചവനുമല്ല അഗ്നി കാര്യമോ കർമ്മമോ ഒക്കെ നടക്കുമ്പോഴും ജോലിയൊക്കെ ചെയ്യുമ്പോഴും ആ ഫലത്തില് പ്രതീക്ഷയോ മനസ്സോ വയ്ക്കാതെ പ്രവർത്തി ചെയ്യുന്നവൻ സന്യാസിയാണ് എന്ന് പറഞ്ഞു ആട്ടെ ഇതെങ്ങനെ സാധ്യമാവും ഇതെങ്ങനെ സാധ്യമാവും നമുക്ക് ആശ്രയം പുറമേക്കുള്ള ആശ്രയങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ എന്താ വഴി ശരീരം ആശ്രയം ഉപേക്ഷിക്കാന്ന് വെച്ചാൽ ശരീരത്തിനെ വെട്ടിമുറിച്ചു കളയാൻ പറ്റുമോ ലോകത്തിനെ ഉപേക്ഷിക്കുക എന്നൊക്കെ വായു പറയാ ഉപേക്ഷിക്കാൻ പറ്റുമോ എവിടെ കൊണ്ട് കലക്കും ലോകത്തിനെ സമുദ്രത്തിൽ തള്ളാൻ പറ്റുമോ കുടുംബത്തിനെ ഉപേക്ഷിക്കാന്ന് കുടുംബത്തിനെ ഉപേക്ഷിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ ചെന്നിരിക്കും അത്രയേ ഉള്ളൂ പുറമേക്കുള്ള ഉപേക്ഷിക്കൽ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് പുറമേക്ക് ഉപേക്ഷിച്ചാലും നമുക്കൊന്നും ഉപേക്ഷിക്കാൻ സാധ്യമല്ല ശരീരത്തിന് ഉപേക്ഷിക്കാൻ പറ്റില്ല പിന്നെ എന്തിനു ഉപേക്ഷിച്ചിട്ട് എന്ത് കാര്യം അപ്പൊ ഈ ശരീരം മുതൽക്ക് സകല വസ്തുക്കളും നമ്മളെ എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചു പോകും അതിനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പരിപൂർണമായ ഒരു തൃപ്തി ശാന്തി നേടുക സാധ്യമല്ല എന്നുള്ള അറിവാണ് ഉപേക്ഷിക്കൽ ഈ അറിവാണ് ഉപേക്ഷിക്കൽ ഈ അറിവുണ്ടെങ്കിൽ അതേപോലെ മറ്റുള്ളവർ നമ്മൾ എന്തിനെയൊക്കെ ആശ്രയിക്കുന്നു വെച്ചാൽ കർമ്മത്തിനെ ആശ്രയിക്കും വ്യക്തികളെ ആശ്രയിക്കും വസ്തുക്കളെ ആശ്രയിക്കും ഈ മൂന്നെണ്ണത്തിലാണ് വസ്തു ജ്ഞാനക്രിയാ ഭ്രമ എന്ന് ഭാഗവിതത്തിൽ വരുന്നു വസ്തുക്കളോടുള്ള ഒരു ബന്ധം കർമ്മം ഞാൻ ചെയ്യണു എന്നുള്ള ഭാവം അതേപോലെ വ്യക്തികളെ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതം ഭർത്താവ് ഭാര്യയെ ആശ്രയിക്കുന്നു ഭാര്യയെ ഭർത്താവിനെ ആശ്രയിക്കണം അച്ഛനമ്മമാരെ കുട്ടികളെ ആശ്രയിക്കുന്നു ലോകത്തിൽ ഇങ്ങനെയാണ് പക്ഷെ ഈ ആശ്രയം ഒരതിര് കടക്കുമ്പോൾ മനസ്സിൽ ആശ്രയമായിട്ട് തോന്നുമ്പോ നമുക്കത് ദുഃഖത്തിന് കാരണമാകും പേടിക്ക് കാരണമാകും വിഷമത്തിന് കാരണമാകും അപ്പൊ ആശ്രയദോഷം ഉള്ളെന്ന് പോകണമെങ്കിൽ സകല വസ്തുക്കളും നശ്വരമാണ് എന്നെങ്കിലുമൊക്കെ നമ്മളെ വിട്ടുപോകും എന്ന് അറിഞ്ഞാ ഈ ഒരു അറിവ് നമുക്കുള്ളിൽ ഒരു തെളിവുണ്ടാക്കിയാൽ അതിനെ സന്യാസം എന്നർത്ഥം അപ്പൊ എന്താവും ഉള്ളുകൊണ്ട് നമ്മൾ പിടിവിടും ഉള്ളുകൊണ്ട് ഇതിനെ വിശ്വസിക്കാൻ വയ്യ പറ്റില്ല എന്നറിഞ്ഞാൽ പിടിവിടും അല്ലെ ഓട്ടയായിട്ടുള്ള ഒരു തോണി ദ്വാരമുള്ള ഒരു തോണി ധൈര്യമായിട്ട് നമ്മൾ കടലിലിറക്കോ പൊട്ടിയ പാലത്തിന്റെ മേലെ ധൈര്യമായിട്ട് വണ്ടി ഓടിക്കോ അതേപോലെ ഇവിടെ നമ്മള് ഒരു വസ്തുവിനെ ആശ്രയിച്ച് ശാശ്വതമായി സുഖിക്കാൻ കഴിയില്ല എന്ന് കണ്ടെത്തി അതോടെ നമ്മളുടെ അടുത്ത അന്വേഷണം എന്താ അപ്പോ നമ്മൾക്ക് ശാശ്വതമായ വസ്തു എന്തുണ്ട് ഇവിടെ ശാശ്വതമായി എന്തെങ്കിലും ഉണ്ടോ എവിടെയാണ് നമുക്ക് ശാശ്വതമായ പദം ഏതിനെ നേടിയെടുത്താൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ലയോ അതെവിടെ കിട്ടും അതിനെ നമ്മളുടെ ബുദ്ധി അന്വേഷിച്ചു തുടങ്ങും അപ്പൊ നമ്മൾ കാണുന്നു ശരീരം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു മനസ്സ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു ബുദ്ധിയും പരിണമിക്കുന്നു ഇതിനൊക്കെ പുറകില് യാതൊരു പരിണാമവും ഒരു മാറ്റവും ഇല്ലാതെ ഒരു ബോധാനുഭവം ഞാൻ ഉണ്ട് എന്നുള്ള ഒരു അനുഭവം അസ്തിത്വം പ്രകാശത്വം ശാന്തി പ്രിയമേയത്തിന്റെ സ്വരൂപം അത്തരത്തിലുള്ള ആത്മവസ്തു ഉള്ളിൽ തെളിഞ്ഞു പ്രകാശിക്കണം അത് തെളിഞ്ഞാൽ അവിടെ അഹംകൃതി ഞാൻ എന്നുള്ള പ്രത്യേക വ്യക്തിബോധം അടങ്ങിപ്പോകും ഈ പ്രത്യേക വ്യക്തിബോധം പൊന്തുമ്പോഴാണ് ദുഃഖം ഉണ്ടാവുന്നത് ഈ വ്യക്തിബോധം പൊന്ത്പോഴാണ് എല്ലാ ദുഃഖങ്ങളും പൊന്തണത് മനസ്സ് അടങ്ങിയാൽ സകലതു അടങ്ങി ആ അഹങ്കാരം മൂലത്തിൽ അടങ്ങിയാൽ നിശ്ചലമായ ഈശ്വര തത്വം ആത്മതത്വം ഹൃദയത്തിൽ പ്രകാശിച്ചാൽ നമുക്ക് അതിന് ജ്ഞാനം ആ ജ്ഞാനപ്രകാശം തന്നെ സന്യാസം ഇതിനെ തന്നെ യോഗം എന്നും പറയുന്നു മനസ്സിന് മൂന്നവസ്ഥകളുണ്ടേ ലയം വിക്ഷേപം കഷായം നമ്മളുടെ മനസ്സ് സാധാരണ ഉള്ള ഒരു അവസ്ഥയാണ് വിക്ഷേപം വിക്ഷേപം എന്ന് വെച്ചാൽ വിചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ചിത്തവൃത്തികൾ പൊന്തിക്കൊണ്ടേയിരിക്കും അല്ലേ നിശ്ചലമായിട്ട് നിൽക്കണ ഒരു സമയമില്ല അതിനെ ഓഫ് ചെയ്യാൻ ഒരു മാർഗമില്ല സദാ ചിത്തവൃത്തികൾ ഉദിച്ചുകൊണ്ടേയിരിക്കും ഈയിടെ കോയമ്പത്തൂര് ഒരു പ്രഭാഷണത്തിന് പോകുമ്പോ കാറിൽ റേഡിയോ പാടുക കാറില് അപ്പൊ അയാളോട് പറഞ്ഞു കാറിലുള്ള റേഡിയോ ഓഫ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഓഫ് ചെയ്തു ഓഫ് ചെയ്ത് കഴിഞ്ഞ് രണ്ടു മിനിറ്റ് കഴിഞ്ഞു പിന്നെയും പാടും അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു എന്താ തന്നോടല്ലേ ഓഫ് ചെയ്യാൻ പറഞ്ഞു അയാൾ പറഞ്ഞു സാമി അത് ഓഫ് ചെയ്തു പിന്നെയും അത് കേടുവന്നിരിക്കുകയാണ് ഓഫ് ചെയ്താലും അത് പാടും അത് നിർത്താൻ ഒരു വഴിയില്ലാന്ന് ഇതേപോലെ മനസ്സിനൊരവസ്ഥ അതിനെ നിർത്താൻ ഒരു വഴിയില്ലാതെ സദാ ചിത്തവൃത്തികൾ വിചാരങ്ങൾ പൊന്തികൊണ്ടേയിരിക്കുന്ന സ്ഥിതി ഇതിന് വിക്ഷേപം എന്ന് പേര് ഇത് നമുക്ക് അനുഭവമുള്ള കാര്യമാണ് നിർത്താൻ ഒരു വഴിയില്ല ഇനിയിപ്പോ ആ വിക്ഷേപത്തിനിന്ന് വലിച്ചെടുത്താൽ മനസ്സിനെ ഇപ്പൊ സത്സംഗത്തിലെ പ്രഭാഷണം ഞാൻ ഇപ്പൊ കഥയൊന്നും പറയാതെ തമാശയൊന്നും പറയാതെ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് പിടിക്കാൻ കഴിയാത്ത തലത്തിൽ ഉയർന്നു പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറെ നേരം കഴിയുമ്പോ ഇങ്ങനെയിരിക്കും അത് കുറച്ച് കഴിഞ്ഞ മുട്ടുകുത്തിയിരിക്കും പിന്നെ കുറച്ച് ശ്രദ്ധിച്ചു നോക്കും എന്നിട്ടും പിടികിട്ടണില്ലെങ്കിൽ ഉറങ്ങിപ്പോകും എന്താ മനസ്സിന് വിക്ഷേപി വിക്ഷേപത്തൊന്ന് വലിച്ചാൽ പിന്നെ അറിയണ ഒരു കാര്യമാണ് ഉറക്കം രണ്ട് കാര്യമാണ് നമുക്ക് സാധാരണ അറിയണത് ഒന്നില് വിക്ഷേപം അല്ലെങ്കിൽ ഉറക്കം ഒന്നില് ചിത്തവൃത്തികൾ അല്ലെങ്കിൽ ലയം നിദ്ര നിദ്രയും ചിത്തവൃത്തികളും ഈ നിദ്രയും മനസ്സിന്റെ ഒരു സ്ഥിതിയാണ് മനസ്സിന്റെ തന്നെ ഒരവസ്ഥയാണ് ഉറക്കവും ഒന്നില് വിചാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും വിചാരങ്ങളെന്ന് പിടിച്ചു നിർത്തിയാൽ ഉറങ്ങിപ്പോകും അതുകൊണ്ട് പലരും ഉറങ്ങാൻ വേണ്ടി നാമം ജപിക്കും നാമം ജപിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ നല്ല സൗകര്യം എന്നാണ് ജപിച്ചിട്ടില്ലെങ്കിൽ ഉറക്കം വരണില്ല അപ്പൊ ജപം എന്തിനു വേണ്ടിയാ ഉറങ്ങാൻ ഒരു ഉറക്കഗുളിക പോലെ എന്താ ജപിക്കുമ്പോൾ മറ്റു വിചാരങ്ങളൊന്നും വരണില്ല അപ്പൊ ഇങ്ങനെ ഉറങ്ങിപ്പോകും അപ്പോ ലയം വിക്ഷേപം ലയം മനസ്സിങ്ങനെ ചിത്തവൃത്തികൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു വിചാരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിന് പിടിച്ചെടുക്കാൻ ഒരു വസ്തുവുമില്ലെങ്കിൽ മനസ്സിന് മേയം എന്നുള്ളത് അതിന്റെ സ്വഭാവമാണ് അളക്കുക എല്ലാത്തിനെയും ചെന്ന് പിടിച്ചെടുക്കും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത പരിപാടി അത് ഉറങ്ങിപ്പോകും ലയം ഈ വിക്ഷേപവും ലയവും അല്ലാതെ ഒരവസ്ഥ കൂടെ ഉണ്ട് കഷായം നമ്മൾ ആയുർവേദത്തിൽ മരുന്ന് കുടിക്കുമല്ലേ കഷായം കുടിക്ക ഇത് ആ കഷായമല്ല കഷായം കുടിക്കുമ്പോൾ നമ്മളുടെ മുഖമൊക്കെ ഒരുപോലെ ആവും അതുപോലൊരവസ്ഥ തന്നെയാ ഈ കഷായസ്ഥിതി എന്ന് പറയണത് നമ്മള് സാധാരണ പറയും മൂഡ് ഓഫ് എന്ന് പറയും അല്ലെ ഇംഗ്ലീഷുകാർ കൊണ്ടുവന്ന് നമുക്ക് തന്നൊരു വാക്കാണ് ബോറടിക്ക മൂഡ് ഓഫ് ആച്ചാൽ ഒരു വിരസത തോന്നുക ഒന്നിനും ഒരു ഉത്സാഹമില്ലാത്ത ഒരു സ്ഥിതി മനസ്സൊന്നില് ചിത്തവൃത്തികളെ ഉണ്ടാക്കും അല്ലെങ്കിൽ ഉറങ്ങും അല്ലെങ്കിൽ കഷായസ്ഥിതിയിലിരിക്കും അതായത് അത് വിചാരിക്കണമില്ല ഉറങ്ങണില്ല ഒരു ഉത്സാഹവുമില്ല ഒരു ശൂന്യത ഒരു ഉണർവില്ലാത്ത ഒരു സ്ഥിതി ഇതാണ് കഷായസ്ഥിതി അപ്പൊ ലയം വിക്ഷേപം കഷായം ഈ മൂന്നവസ്ഥകളും ഒരുമാതിരി ആളുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും കഷായസ്ഥിതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുള്ളത് നമ്മളുടെ ഉത്സവം കളി പാട്ടുപാടല് കലകള് ടി വി കാരണം ഈ കഷായാവസ്ഥയാണ് ഈ കഷായാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ചാണ് ഇത്രയധികം എന്റർടൈൻമെന്റ് മീഡിയ ഇത്രയധികം ഉണ്ടാക്കിയിട്ടുള്ളത് യഥാർത്ഥ ഒരു യോഗിക്ക് പുറമേക്കുള്ള ഒരു എന്റർടൈൻമെന്റും വേണ്ട എന്നാണ് നമ്മൾ യോഗാവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഒരു എന്റർടൈൻമെന്റും വേണ്ട ഈ മൂന്നുമല്ലാത്ത സ്ഥിതിയാണ് യോഗം അതും കൂടി പറഞ്ഞളയാം യോഗസ്ഥിതി എന്ന് വെച്ചാൽ ഉറങ്ങുന്നുമില്ല മനസ്സില് വിരസതയും ചിത്തവൃത്തികൾ ഉണ്ടാവണമില്ല ഉള്ളിലെ നിറഞ്ഞ നിശ്ചലത അതാണ് നിശ്ചലതത്വേ ജീവൻ എന്ന് പറയും ഉള്ളിലെ നിറഞ്ഞ നിശ്ചലത ആ സ്ഥിതിയിൽ എത്ര മണിക്കൂർ വേണമെങ്കിൽ ഇരിക്കാം കാരണം അതിനേക്കാളും വലിയൊരു എന്റർടൈൻമെന്റ് ഇനിയൊന്നും കിട്ടാനില്ല അത് നിറഞ്ഞ സ്ഥിതിയാണ് അവിടെ നമ്മള് ഊർജസ്വലരായിട്ടിരിക്കുന്നു നല്ല ശാന്തി അമൃതാനുഭവം ഹൃദയത്തിൽ ഏർപ്പെടുന്നു അതുകൊണ്ട് പുറമേക്കുള്ള ഒന്നും ആശ്രയിക്കേണ്ട ഒരു കലയും വേണ്ട അവിടെ സകല കലയും നിറഞ്ഞിട്ടുള്ളതാണത് ആ നിശ്ചലസ്ഥിതി സകല കലകളും അവിടെ അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് പുറമേക്കുള്ള ഒരു കലയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഇനി അപ്പോ ഈ യോഗസ്ഥിതി അനുഭവിച്ചിട്ടില്ലാത്ത മനസ്സ് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടുപിടിക്കുകയാണ് കലകളിലൂടെയും നമ്മളുടെ കലയൊക്കെ നോക്കിക്കൊള്ള തൽക്കാലത്തേക്കാണ് അല്ലെ സംഗീതം കേൾ പാട്ട് കേൾക്കുമ്പോൾ ഉത്സുഖം കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും മനസ്സിൽ ശപലമാവും നാടകം കാണുമ്പോ ഒരു സുഖം കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ചപലമാകും ഭജന പാടുമ്പോ ഒരു സുഖം കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ചപലമാകും അപ്പൊ എന്തിനു ഈ ആശ്രയിക്കുന്ന വസ്തുക്കളൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ തന്നെ കാരണം ഈ കഷായ സ്ഥിതി രക്ഷപ്പെടാനാണ് ചാപ്പല്യ മനസ്സിന്റെ ഈ ഒരു മൂഡ് ഓഫ് ഒരു ഉത്സാഹ ഇല്ലായ്മ ശൂന്യ അവസ്ഥ രക്ഷപ്പെടാനാണ് ഇത്രയധികം കലകളും ടെലിവിഷനും ഒക്കെ പക്ഷെ കൊറേ കഴിയുമ്പോ അതുമൊക്കെ ബോറിടിച്ചു പോകും അതുമൊക്കെ മതിയായി തോന്നിപ്പോകും അതിലും വിരസത ഇങ്ങനെ വരുമ്പോഴാണ് ഒരു സ്ഥിതി എത്തുമ്പോ നമ്മൾ അന്വേഷിക്കും ഇനി എന്ത് ലയം ഉറങ്ങും അല്ലെ ചിലർക്ക് വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഉറങ്ങും എന്താന്ന് വെച്ചാൽ ഉറക്കത്തിൽ ബോറടിക്കില്ല നമുക്ക് ബാക്കിയൊക്കെ ബോറടിച്ചാലും ഉറക്കം ഇതുവരെ ആർക്കും ബോറടിച്ചതായിട്ട് കേട്ടിട്ടില്ല എത്ര ജന്മങ്ങളായിട്ട് ഉറങ്ങണല്ലേ ബോറടിച്ചാ ഉറങ്ങും ഉറക്കം വേറെടിക്കില്ല ഒരുപാട് വേറടിച്ചാൽ ഉറങ്ങിപ്പോകും ഞായറാഴ്ചകളിലും വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ രാവിലെ പല്ല് തേച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും കാപ്പി കുടിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും ഉറക്കം ഒരു രക്ഷപ്പെടാനുള്ള വഴിയായിട്ട് കണക്കാക്കാം നമ്മൾ ഉറക്കം ചിത്തവൃത്തികളോടുകൂടിയുള്ള അവസ്ഥ കഷായസ്ഥിതി ഈ മൂന്നുമല്ലാത്ത ഒരു സ്ഥിതിയാണ് നമ്മൾ യോഗം എന്ന് പറയുന്നത് അവിടെ ലയമില്ല ചിത്തവൃത്തികളും मनस, ീ ക്ഷുദ്രമായിട്ടുള്ള വിരസതയുടെ അനുഭവമില്ല നമ്മൾ ഊർജസ്വലമായിട്ടിരിക്കുന്നു ഉള്ളില് നിശ്ചലമായിട്ടിരിക്കുന്നു അവബോധത്തോടുകൂടെ ഇരിക്കുന്നു നമ്മളുടെ ഉള്ളില് ഞാൻ ഉണ്ട് എന്നുള്ള ആ അനുഭവം ആ ഞാൻ എന്നുള്ള അനുഭവം തന്നെ ശരീരം മനസ്സ് ബുദ്ധി ഇതെന്നൊക്കെ വേർപിരിഞ്ഞ് തൈര് കടയുമ്പോ വെണ്ണ പിരിഞ്ഞ് വരണ പോലെ ഈ ഞാൻ എന്നുള്ള ഉണർവ് അവബോധം ജടത്തിന്റെ പിടിവിട്ട് ശുദ്ധമായിട്ട് ആ ചിത്ത് ഉള്ളിൽ പ്രകാശിക്കുന്നു ആ ചിത്തിന്റെ പ്രകാശമാണ് യോഗാനുഭവം എന്ന് പറയണത് അതുതന്നെ ആത്മദർശനം അത് ഈശ്വരദർശനം അത് ഭഗവാനെ കാണൽ എന്ന് പറയണത് ഭഗവാൻ നമ്മളുടെ ഉള്ളില് അഹം അഹം അഹം എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ കണ്ടെത്തിയാൽ ഈശ്വരനെ കണ്ടെത്തി ഈശ്വരൻ നമുക്ക് സിദ്ധമായിട്ടുണ്ട് ഇപ്പൊ തന്നെ ശരീരം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല അഹങ്കാരം ഞാനല്ല ഈ ശരീരം എന്റെയുമല്ല ശരീരം ഞാനല്ല എന്ന് മാത്രം അറിഞ്ഞാ ശരീരം എന്റെ അല്ല നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ലല്ലോ നമുക്കതിന്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കണമെന്നു അറിയില്ല എങ്ങനെ അത് വളർന്നു എന്നും അറിയില്ല നമ്മളുടെ ഇഷ്ടത്തിനാണ് ശരീരം കിട്ടണതെങ്കിൽ നമ്മളൊക്കെ നല്ല സുന്ദരമായിട്ടുള്ള ശരീരം കേടുവരാത്ത ശരീരം വ്യാധി വരാത്ത ശരീരം ചോദിച്ചു വാങ്ങിക്കുമായിരുന്നു ഇതിലൊന്നും നമുക്ക് സ്വാതന്ത്ര്യമില്ല ശരീരം നമ്മളുടെ അപ്പോ ഞാൻ ആരാണ് ഞാൻ എന്താണ് ഈ ആശ്രയിച്ചിട്ടുള്ള വസ്തുക്കളെയൊക്കെ ഞാനല്ല എന്റെ അല്ല എന്ന് തള്ളി മാറ്റിയാൽ പിന്നെ നമുക്ക് അവശേഷിക്കുന്ന ഒരു ചോദ്യം പിന്നെ ഞാൻ എന്താണ് ഞാനാണല്ലോ ബാക്കിയുള്ളതിനെയൊക്കെ ആശ്രയിച്ചിരിക്കണത് ഈ ഞാൻ ആരാണ് ഞാൻ എന്ന് പറയണത് എന്താണ് ഇതിന്റെ സ്വരൂപം എന്താണ് ഇന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സ് അതിന്റെ സങ്കല്പമൊക്കെ നിർത്തി അതിന്റെ മൂലത്തിലേക്ക് ചെല്ലും സങ്കല്പങ്ങളില്ലാത്ത ഒരു സ്ഥിതി നമ്മൾ അനുഭവിക്കും यम सन्यासमिति प्राहुहुं योगं तं विद्धि पांडवाः नक्षीय सन्निष्टसंकल्पो योगी भवति कशणां यम सन्यासमिति प्राहुहुं ഭൂതര പ്രകൃതിഷ്ടംഭവാമി ആത്മമായ ഭഗവാൻ പറയണത് ഞാൻ അജനാണ് അജൻ ഞാൻ പറഞ്ഞു അജ അജഹന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് അറിയാം അല്ലെ അജഹാന്ന് വെച്ചാൽ ഉടനെ നമുക്ക് തോന്നണത് ആട് എന്നാണ് സംസ്കൃതം പഠിച്ചിട്ടൊക്കെ അങ്ങനെ ഒരു അബദ്ധം അങ്ങനെയാണ് ആടിനെ യാഗത്തിൽ ഓമിക്കാൻ തുടങ്ങിയത് കഥയുണ്ട് അതിനാണ് ഞാൻ ചോദിച്ചത് അജഹ എന്ന് വെച്ചാൽ ജന്മമില്ലാത്ത വസ്തു അതിനെ ധ്യാനിച്ചുകൊണ്ട് ജന്മമില്ലാത്ത വസ്തുവിനെ ജന്മമില്ലാത്ത വസ്തുവിൽ ആഹുതി അർപ്പിക്കണം എന്ന് എവിടെയോ പറഞ്ഞപ്പോ ആരോ ധരിച്ചു ആടിനെ വെട്ടി ഹോമിക്കണം അങ്ങനെയാണ് ഈ വലിയൊടുക്കലൊക്കെ വന്നത് എന്നൊരു കഥ അജഹ എന്ന് വെച്ചാൽ ജനനമില്ലാത്തത് എന്നാത്തത് ജന്മമില്ലാത്തവനാണ് ഞാൻ ഭഗവാൻ പറയണത് എനിക്ക് ജനനമില്ല ഒരിക്കലും ഞാൻ ജനിക്കണേ ഇല്ല ശ്രീകൃഷ്ണൻ ഭഗവാൻ വസുദേവർക്കും ദേവഗിരിക്കും ഒക്കെ ജനിച്ചിട്ട് ഇപ്പൊ കുറേ വയസ്സുമായി പറയാ ഞാൻ ജനിക്കുന്നേ ഇല്ല സ്വാമി രാമതീർത്തൻ എന്ന് പറഞ്ഞ വേദാന്തിയായ ഒരു സന്യാസി ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് അദ്ദേഹം അമേരിക്കയിൽ പ്രസംഗങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പോ അദ്ദേഹത്തിനുള്ള ഒരാൾ ചോദിച്ചു വാട്ട് ഈസ് ഓഫ് ബർത്ത് ചോദിച്ചു പ്ലീസ് ജന്മസ്ഥാനമില്ല സമയമില്ല ഡേറ്റ് ഇല്ല അന്ന് ജനിച്ചിട്ടില്ലേ ഇല്ല അന്നിപ്പ കാണുന്നുണ്ടല്ലോ ഡു നോട്ട് ട്രൈ ടു ഡിസീവ് മീ നോബി ക്യാൻ കൺവിൻസ് എന്നെ ഒരിക്കലും നിങ്ങൾ പറ്റിക്കാൻ നോക്കണ്ട ഞാൻ ജനിക്കാത്ത വസ്തുവാണ് ജനിക്കാലേ മരണമുള്ളൂ ശരീരം മരിക്കും ശരീരം ജനിച്ചു ശരീരം മരിക്കും ഈ ശരീരവുമായിട്ട് എനിക്ക് അതൊരു ബന്ധമില്ല ഈ ശരീരം ഞാനല്ല ശരീരത്തിനെ വെട്ടിമുറിക്കൂ അഗ്നിയിലേക്ക് ഇട്ടോളൂ എനിക്കൊന്നും സംഭവിക്കുന്നില്ല ഞാൻ ജനനമില്ലാത്ത വസ്തുവാണ് ഇതാണ് രക്ഷപ്പെടൽ എന്ന് അല്ലാതെ ശരീരത്തിനെ മരിക്കാതെ വെച്ചോണ്ടിരിക്കാനൊന്നും പറ്റില്ല ശരീരത്തിനെ രോഗം വരാതെ വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല പരീക്ഷത്ത് മഹാരാജാവ് മരിക്കുന്നു കേട്ടപ്പോ സുഖബ്രഹ്മഹർഷി വന്നിട്ട് പരീക്ഷത്തിന് മരുന്നൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തക്ഷകങ്ങൾ അടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗമൊന്നും പറഞ്ഞു കൊടുത്തില്ല തത്വം ബോധിപ്പിച്ചിട്ട് ശുഖാചാര്യര് പറഞ്ഞു കുറച്ചുനേരം കഴിഞ്ഞാ പാമ്പ് വരുമ്പോട്ടു പക്ഷെ ഹേ പരീക്ഷി താനൊന്നും ഓർത്തോടാ തൻ ജാനി താൻ ജനിച്ചിട്ടേ ഇല്ല പിന്നെ തനിക്ക് മരണം പശുബുദ്ധിമിമാം ജാതഹ്രാതഭൂദ്യം നനഅക്ഷേ രാജാവേ തനിക്ക് മരണമുണ്ട് എന്നുള്ള ആ അജ്ഞാനത്തിന് ആദ്യം മാറ്റിക്കളയ താൻ ജനിച്ചിട്ടേ ഇല്ല എന്നിട്ട് വേണ്ടേ മരിക്കാൻ ജനിച്ചാലല്ലേ മരണമുള്ളൂ തനിക്ക് ദേഹമേ ഇല്ലല്ലോ ഈ ദേഹം ആർക്കുണ്ടോ അവർക്കറിയട്ടെ ഈ ശരീരം പ്രകൃതിയുടെ ഈ ശരീരത്തിന്റെ കർമ്മങ്ങളൊക്കെ പ്രകൃതിയുടെ ഒഴുക്കാണ് ഇതിലൊന്നും എനിക്ക് കൈകളെ ഇല്ല പ്രകൃതിയുടെ ആണ് ആരോ അച്ഛനും ശരീരം അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ അന്നം വളർന്ന ശരീരം പ്രകൃതിയുടെ കാറ്റ് ശരീരം പ്രകൃതിയുടെ ഭാഗമായ ഭൂമിയുടെ ശരീരം ജലത്തിന്റെ അംശമായ രക്തം അതിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നു ഭാഗമായ അഗ്നി അതിനകത്ത് ചൂട് കൊടുത്തുകൊണ്ടിരിക്കുന്നു പ്രകൃതിയുടെ ആകാശം അതിനകത്തും ഇതൊന്നും എന്റെ അല്ല ഇതുമായിട്ട് എനിക്ക് അതോ ഒരു ബന്ധമില്ല ഇതൊന്നും ഞാനല്ല അപ്പൊ അജ പിന്നെ ഇതിനെ ഒക്കെ മാറ്റി നിർത്തിയാൽ അതിനു പുറകിൽ ജനിക്കാത്തതായി മരിക്കാത്തതായി ശാശ്വതമായി ബോധവസ്തുവായി പരിപൂർണ പരിപൂർണ ആനന്ദ ചിദ്ധന സ്വരൂപമായി പ്രകാശിച്ചു നിൽക്കുന്നു ഞാൻ അതാണ് അവ്യയാത്മ എന്ന് പറഞ്ഞു ഞാൻ ജനിക്കുന്നില്ല ഞാൻ അഭ്യയാത്മാവാണ് ഇനിയിപ്പോ അതിൽ കൂടുതലൊന്നും ഉണ്ട് എന്താ അഭൂതനാം ഈശ്വര അതാണ് കൃഷ്ണനും നമുക്കും തമ്മിലൊരു ഭേദം ഭഗവാൻ പറയുന്നത് ഞാൻ ഈശ്വരനാണ് ഈശ്വരോപിസം ഈശ്വരൻ എന്നുള്ളത് മാത്രം ഒരു ജീവൻ അങ്ങോട്ട് ആയിത്തീരാൻ പറ്റില്ലേ അതാണ് അവതാര രഹസ്യം നമ്മളിപ്പോ പറഞ്ഞു വരുമ്പോ അത് മനസ്സിലാവും എന്താ ഈ അവതാരത്തിനും ഞാനികൾക്കും എന്താ വ്യത്യാസം എന്നുള്ളത് നമ്മളിപ്പോ പറഞ്ഞു വരുമ്പോ മനസ്സിലാവും ഭൂതാനാം ഈശ്വര ഈ പ്രകൃതിക്ക് മുഴുവൻ ഞാൻ നിയന്താവാണ് ഈശ്വരനാണ് ഭൂതാനാം ഈശ്വരോ അപ്പൊ എനിക്കൊരു പ്രകൃതി ഉണ്ട് മനുഷ്യനും മനസ്സ് ഈശ്വരനുമായ നമുക്കൊക്കെ മനസ്സുണ്ടല്ലോ നമ്മൾ മനസ്സിന് അടിമ ജ്ഞാനികൾ മനസ്സിനെ ജയിച്ചവര് ജീവൻ മായയ്ക്ക് അടിമ dann der wasch